വേഷ് രാജാവിന്റെ രണ്ടാമാണ്ട് ആറാം മാസം ഒന്നാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ഷെയൽപിയേലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോ മകനായ യോസ്വയ്ക്കും ഉണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു യഹോവയുടെ ആലയം പണി കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ ഹക്കായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ ആകയാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ ൾ ഭക്ഷിച്ചിട്ടും പൂർത്തി പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർമാറുന്നില്ല കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ ഞാൻ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു നിങ്ങളധികം കിട്ടുമെന്ന് കാത്തിരുന്നു എന്നാൽ അത് അല്പമായി തീർന്നു അത് വീട്ടിൽ കൊണ്ടുവന്നു ഞാനോ അത് ഊതിക്കളഞ്ഞു അതെന്തുകൊണ്ട് എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ തന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെയെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞുപെയ്യാതെ അടഞ്ഞിരിക്കുന്നു ഭൂമി അനുഭവം തരുന്നതുമില്ല ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ അങ്ങനെ ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായി യഹോ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു യഹോവയെ ഭയപ്പെടുകയും ചെയ്തു അപ്പോൾ യഹോവയുടെ ദൂതനായി യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോടുകൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു യഹോവ യഹൂദ ദേശാധിപതിയായി ഷെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോ സദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലത്യങ്കൽ വേല ചെയ്തു ദാരിയാവേശ്വരാജാവിന്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഇരുപത്തി നാലാം തീയതി തന്നെ